അന്തരമന്തപാവനവന്യൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീ വ്യോമവത്വ്യാതദേഹിമൂർത്തമ ഹരി ഓ പാർ പ്രതിബോധിതം ഭഗവത സ്വയം വ്യാസേന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യീ അമ്പ ത്മനുസാ ഭഗവത്ഗീതീ നമോസ്തു തേവ്യസവിശാലുദ്ധേ ഫുൽ തേത്ര യയാ ഭാരതൈലപൂർണ പ്രജ്വാലിതോണമയ പ്രദീപ പ്രപന്നിജാതോത്രേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതരുഹേ ന सर्वो पार्थो दुग्धं गीतामृतं ോപനിഷദോ ഗാവോ ദുധാഗോപനന്ദന പാർോ വത്സുധീർവോക്തഗ്ധീതമൃതം മഹത് വസുതേവുതം ദഷണം വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യജം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുംവന്തി വേദസാംഗപദ്രമോപനിഷദൈ ഗായഗാധ്യനവസ്ഥതഗത മനസാ പശ്യം യോഗിനോ യന്തരണാസ്മൈന പാർസാരതിരുപേണ ശ്രാവയ ശുഭിരും പാർയാർത്തിഹരോ കൃപൂർത്തിനുഖിവിധം ശൃണു മേ ഭരർശ അഭ്യാസ്രമത്തെ യത്ര ദുഃഖാത്തം ചിഗ്തി എത്തദഗ്രേ വിഷമ പരിണാമ അമൃതോപമം തത്സുഖം സാത്വികം ആത്മബുദ്ധി പ്രസാദജം ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത് എല്ലാവരും ആശിക്കുന്നത് ുഃഖം വരരുത് എന്നാണ് വേദാന്തത്തിൽ തുടക്കം തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റോടുകൂടിയാണ് സുഖം വേണം ദുഃഖമില്ലാതിരിക്കണം സുഖം മേ ഭൂയാ ദുഃഖം മാഭൂത് ദുഃഖമില്ലാതിരിക്കട്ടെ സുഖായ കർമാണി കരോത്തി ലോക സുഖത്തിന് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത് അപ്പൊ സുഖം എവിടെ കിട്ടും ഏതിൽ കിട്ടും നമ്മളുടെ ഭൗതിക വളർച്ചയൊക്കെ സുഖത്തിന് വേണ്ടിയാണ് അധ്യാത്മമായിട്ടുള്ള അന്വേഷണവും സുഖത്തിന് വേണ്ടിയാണ് സുഖം പുറത്ത് എവിടെയോ ഉണ്ട് എന്ന് കരുതിയാണ് അന്വേഷിക്കുന്നത് അത് കുറച്ച് കുറച്ച് കിട്ടും കിട്ടി കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോഴേക്കും അത് പോവുകയും ചെയ്യും അതിനെ കുറിച്ച് ഇനി പറയാൻ പോകണോ രാജസം താമസം എന്നൊക്കെ പറയും ഭഗവാൻ ഇത് ജീവിതത്തിന്റെ സെന്റർ പോയിന്റ് ആണ് ഈ സുഖം എന്ന് പറയണത് സുഖാന്വേഷൻ വ്യാധിക്ക് പോലും നമ്മൾ കൊടുത്തിരിക്കണ പേര് അസുഖം എന്നാണ് സുഖമില്ലായ്മ അപ്പോ സുഖം എവിടെയുണ്ട് പുറത്ത് വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതൊരിക്കലും നിർത്തരുത് ഒരു വസ്തു സുഖം തരുന്നു എങ്കില് നിരന്തരം അത് അനുഭവിക്കേണ്ടതാണ് കുറച്ചു കഴിയുമ്പോൾ വിരസമായിട്ട് പോകുന്നു ബോർ അടിച്ച് ഒരു സ്വീറ്റ് ിലേബി കഴിക്കാൻ ഇഷ്ടാണ് ഒന്ന് കഴിച്ച നല്ല സുഖം ഇനി ഒന്നുകൂടെ വേണം ആഗ്രഹം രണ്ടാമതൊന്നു കൊടുത്തു നല്ല സുഖം ഒന്നും കൂടെ കിട്ടിയാൽ വേണ്ടില്ലായി മൂന്നാമതൊന്നു കൊടുത്തു നാലാമതും കൊടുത്തു അഞ്ചാമതാകുമ്പോ വേണ്ട നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു ആറാമതാവുമ്പോ ഓക്കാനും വരാൻ തുടങ്ങി ഏഴാമത് കൊടുത്തപ്പോ അങ്ങോട്ടൊന്നു കൊടുത്തു എന്തുപറ്റി ഏത് സുഖമായിരുന്നുവോ അത് തന്നെ പിന്നീട് ദുഃഖമായിട്ട് മാറി അല്ലേ സുഖമാണെങ്കിൽ നിർത്താൻ പാടുവോ സുഖമാണെങ്കിൽ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കണ്ടേ എന്തുകൊണ്ട് അതിലുള്ള സുഖം പോയി അത് വേണമെന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കിട്ടിയപ്പോ ഡിസ്റ്റർബൻസ് പോയി പ്രതീകാരം വ്യാധേ സുഖം ഇത് വിപര്യസ്യതി ജന വ്യാധിക്കുള്ള മരുന്നിനെ സുഖമെന്ന് ധരിക്കണമെന്നാണ് വ്യാധി ഇല്ലാതിരിക്കുന്നതാണ് സുഖം സുഖമെന്ന് പറഞ്ഞത് പുറത്തൊരു വസ്തുവിൽ ആണെങ്കിൽ സുഖം കൂടണം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൊക്കെ സുഖമായിട്ടിരിക്കേണ്ടതെന്നാണ് ധാരണ വലിയ വീട് കിട്ടിയാൽ സുഖം വരുമോ വിദ്യാരണ്യസ്വാമി പറഞ്ഞു ചില ആളുകൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും ബോധിക്കില്ല എന്നാണ് അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് കിട്ടിയാൽ വേണ്ടാന്ന് അറിയുവോ എന്നൊക്കെ ചോദിക്കും നമ്മൾ നമ്മൾ എങ്ങനെയാണ് അല്ലേ നമ്മള് കുറച്ച് ദാരിദ്ര്യത്തിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പണക്കാരായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് പറയാം അവർക്ക് കാറുണ്ട് ബംഗ്ലാവുണ്ട് അവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം വേദാന്തമൊക്കെ പറയാം നമുക്കല്ലേ ബുദ്ധിമുട്ട് അറിയുള്ളൂ അപ്പൊ ഇങ്ങനെ തോന്നുമ്പോ ഇതിനൊരു പരിഹാരം വിദ്യാരണ്യസ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യും എല്ലാരെയും പോലെ ഉദ്യമിച്ച് അതേപോലെ പണം സമ്പാദിച്ച് ഒക്കെ ഇരുന്നു നോക്കൂ ധാരാളം അതിനകത്തേക്ക് പ്രവേശിച്ച് വിവേകത്തോടു കൂടെ പ്രവേശിച്ച് നോക്കൂ അപ്പൊ കാണാം നമ്മൾ അന്വേഷിക്കുന്ന സാധനം അവിടെയും അതുകൊണ്ടാണല്ലോ വലിയ വലിയ രാജാക്കന്മാരത് കിട്ടിട്ട് പുറത്തേക്ക് പോയത് അല്ലെ ബുദ്ധൻ സിദ്ധാർത്ഥൻ രാജകുമാരനാണ് നമ്മളുടെ പുരാണങ്ങളിലുള്ള രാജാക്കന്മാരൊക്കെ അവസാനം മനോഹരമായിട്ട് രാജ്യമൊക്കെ വിട്ട് കാട്ടിൽ പോയി തപസിലിരുന്ന് ശരീരം വിട്ടു മുഗൾ ചക്രവർത്തിമാരൊക്കെ ജയിലിൽ അവസാനിച്ചു സംസ്കാരത്തിന്റെ വ്യത്യാസ എല്ലാം ഇഷുവംശം മുഴുവൻ നോക്കിയാൽ ദിലീപനാവട്ടെ രഘു ആവട്ടെ അജനാവട്ടെ ഒക്കെ അവസാനം വനത്തില് തപോനിഷ്ഠന്മാരായിട്ട് കൗമാരെ അഭ്യസ്ത വിദ്യാനാം യൗവനെ വിഷയം വാർദ്ധകേ മുനിവൃത്തിനാം യോഗേന അന്തേ തനുഹ്ത്യജാം എന്ന് പറഞ്ഞു കാളിദാസൻ ശരീരം വിടുന്നത് യോഗേന അന്തേ തനുഃത്യജാം യോഗം കൊണ്ട് ശരീരത്തിന് വിടുകയാണ് ആർട്ട് ഓഫ് ഡൈങ് ആർട്ട് ഓഫ് ലിവിംഗ് മാത്രല്ല യോഗേന അന്തേ തനുത്യജാം യോഗത്തിലിരുന്നുകൊണ്ട് ശരീരത്തിനെ വിടുകയാണ് എന്തുകൊണ്ട് അവർക്ക് സാമ്രാജ്യത്തിലെ ഇരുന്നുകൂടെ അവർ കണ്ടു ഈ പുറമേ നിന്നുള്ള സുഖം സുഖമല്ല സുഖം ആത്മാവിലാണോ ഉള്ളത് ഉള്ളിലാണോ ഉള്ളത് പുറത്തുള്ള വിഷയങ്ങള് അല്പം കുറച്ച് കുറച്ച് അതിനെ റിഫ്ലക്ട് ചെയ്യുന്നു ഒരു ദൃഷ്ടാന്തം വരണത് ഒരു നായിക്കൊരു പീസ് എല് കിട്ടി അത് ബലമായിട്ട് കടിച്ചപ്പൊ നാവ് പൊട്ടി ചോര വരാൻ തുടങ്ങി അപ്പൊ ഈ നായ വിചാരിച്ചു ഈ എല്ലിൽ നിന്നാണ് രക്തം വരണത് എന്ന് വീണ്ടും വീണ്ടും കടിച്ചുകൊണ്ടിരുന്നു ഇതുപോലെ ഓരോ വിഷയങ്ങൾ കിട്ടുമ്പോ അതിലൊരു സുഖം വരണു സുഖം അതിൽ നിന്നാണ് എന്നൊരു ഭ്രമം സുഖം വരണതോ ആത്മാവിൽ നിന്നാണ് കബീറിന്റെ ഒരു പാട്ടുണ്ട് ആളുകൾ കുപ്പി കുടിക്കുമല്ലോ അതിലത് ദോഹ അത് കബീറിന്റെ ആണോന്ന് തന്നെ എനിക്ക് സംശയം ഹിന്ദിയിലെ ഒരു ദോഹയാണത് ഈ സുഖം കുപ്പിയിലാണെങ്കിൽ കുപ്പി ഡാൻസ് കളിക്കേണ്ടതാണല്ലോ എന്നാണ് കുപ്പിയൊന്നും നർത്തനം ചെയ്യണില്ലേ അല്ലെ ഈ ഇയാൾ ഉള്ളിൽ പോകുമ്പോ ഇയാൾക്കാണ് എല്ലാ ഇതും വരണത് എന്താണെങ്കിലും വരണത് ഇവിടെ നിന്നാണ് നിന്നാണ് സുഖം നമ്മളുടെ സ്വരൂപമാണ് നമ്മളിൽ ദുഃഖം ഇല്ല എന്നുള്ളതിന് ദിവസം നമ്മൾക്കൊരു അനുഭവമുണ്ട് സുഷുപ്തി സ്വപ്നമില്ലാത്ത ഉറക്കം ഉറങ്ങിക്കഴിയുമ്പോ ഒരു സുഖം എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ടുള്ള സുഖമാണ് ആ വളരെ സൂക്ഷ്മമാണ് നമ്മള് നമ്മളുടെ ബുദ്ധിക്ക് അത്ര പെട്ടെന്ന് പിടികിട്ടില്ല അതിനാണൊരു ക്ലൂ പറയണത് ഇപ്പൊ രാവിലെ നാലുമണിക്ക് എണീക്കണം വിചാരിച്ച ആള് വളരെ കുറച്ചുപേര് വിചാരിക്കും പിന്നെ വിചാരിച്ചിട്ട് ഉറങ്ങിക്കളയും വിചാരിക്കാൻ പെലവൊന്നുമില്ലല്ലോ ശെരി ഒരഞ്ചുമണിക്ക് എണീക്കണം എന്ന് പറഞ്ഞാൽ അലാം വെച്ചു എന്നുവെച്ചോള ചെലപ്പോ രാത്രി ഒരു രണ്ടു പെട്ടെന്ന് എണീറ്റു നല്ല ഡീപ്പ് സ്ലീപ്പ് സുഖമായ ഉറക്കം എണീറ്റ് കഴിഞ്ഞു നോക്കുമ്പോ രണ്ട് മണി അപ്പൊ ഇനിയും രണ്ടു മണിക്കൂർ ഉറങ്ങാനുണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഉറങ്ങാനുണ്ട് എന്ന് ആ ടൈം പീസ് പറയുമ്പോ ആ ടൈം പീസിന് ഒരു ആശീർവാദം കൊടുത്തിട്ട് അല്ലേ എന്താ നോക്കൂ എല്ലാവരുടെ മുഖമോ പ്രസന്നത അത് പറയുമ്പോ തന്നെ അങ്ങനെ വരിക ആ ഒരു അനുഭവത്തിനെ ആലോചിക്കുമ്പോ തന്നെ ഒരു സുഖം അല്ലേ ഈ പ്രസന്നത ഇതാണ് ക്ലൂ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വസ്തുവിന്റെ ക്ലൂ ആണത് ഡീപ് സ്ലീപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവണം ഇപ്പൊ പറയുമ്പോ അല്ലേ എന്താന്ന് വെച്ചപ്പോ ഒരു ഞാനിക്ക് ആത്മാനന്ദത്തിനെ കുറിച്ച് പറഞ്ഞാൽ സന്തോഷം വരും അയാൾക്കറിയാം നിങ്ങളുടെ അടുത്ത് ഡീപ്പ് സ്ലീപ്പിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര മുഖം മലർന്നു ചിരിച്ചു വാസ്തവത്തിൽ ആ സ്ഥിതിയിൽ എന്തുണ്ട് ഒന്നുമില്ല ശാപ്പാടില്ല ടി ഇല്ല ചെവി കൊണ്ട് കേൾക്കാൻ പാട്ടില്ല മണക്കാൻ പുഷ്പം ഇല്ല തൊടാൻ ഒരു സുഖമായ വസ്തു രുചിക്കാൻ ഒന്നുമില്ല നമ്മളിൽ നിന്ന് അന്യമായ ഒന്നുമില്ല പ്രപഞ്ചമില്ല ശരീരമില്ല ഭാവന ചെയ്യാൻ മനസ്സില്ല ചിന്തിക്കാൻ ബുദ്ധി അഭിമാനിക്കാൻ ഒരു പേഴ്സണാലിറ്റി ഇല്ല ഇതൊന്നും ആ അവസ്ഥയിൽ ഇല്ലല്ലോ ഉണ്ടോ ഇല്ല എന്നിട്ട് ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ആ രണ്ടു മണിക്ക് നിങ്ങൾക്ക് ഒരു ആനന്ദം എന്തുകൊണ്ട് സുഖമായിരുന്നു അത്രേ ആൻസർ പറയാൻ പറ്റുള്ളൂ അല്ലേ നമ്മളേ ഇല്ലാത്ത അഹങ്കാരമേ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഡീപ് സ്ലിപ്പ് മാത്രാണ് ഈഗോ ലെസ് സ്റ്റേറ്റ് ഈഗോ അങ്ങോട്ട് പോയി കഴിയുമ്പോ അഭിമാനത്തിന്റെ ട്രേസ് പോലും ഇല്ലാത്ത ആവുമ്പോൾ പ്രപഞ്ചമും തോന്നില്ല ശങ്കരാചാര്യൻ ഒരു ശ്ലോകം പറയണ്ടേ പ്രപഞ്ചം ഉണ്ടെങ്കിൽ സുഷുപ്തിയിൽ തോന്നട്ടെ എന്നാണ് ഈ യുക്തി തന്നെ നമുക്ക് പിടികിട്ടില്ല ലോകം സത്യമാണെങ്കിൽ എല്ലാ അവസ്ഥയിലും അത് ഉണ്ടാവണം ലോകം സത്യമാണെങ്കിൽ ഡീപ് സ്ലീപ്പിൽ സുഷുപ്തിയിലും ലോകത്തിനെ തോന്നണം അതിന്റെ എക്സിസ്റ്റൻസ് അറിയണം ഇല്ല ശരീരമുള്ളപ്പോ ലോകമുണ്ട് മനസ്സുള്ളപ്പോ ഭാവനയേ ഉള്ളൂ മനസ്സും ഇല്ലാതാകുമ്പോ ലോകമില്ല ഞാൻ നീ എന്നുള്ളതൊന്നുമില്ല ഒരു ഇരുപ്പ് മാത്രം ഒരു എക്സിസ്റ്റൻസ് അല്ലേ ഡീപ് സ്ലീപ്പിൽ എന്തുണ്ട് എക്സിസ്റ്റൻസ് സുഖമായിരുന്നു ആ സുഖം ഒരു വസ്തുവല്ലേ അല്ലേ ശൂന്യമൊന്നുമല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല സുഖം ഉണ്ടായിരുന്നില്ലേ ഒരു പെക്യൂരിയർ സുഖം ആൻഡ് ഇംപേഴ്സണൽ പ്ലഷർ ഉണ്ടായില്ലേ നോട്ട് എ പെർസണൽ തിങ് അതുകൊണ്ട് ആ സുഖത്തിന് ഏറ്റത്താഴ്വന്നുമില്ല നിങ്ങളുടെ ഡീപ്പ് സ്ലീപ്പിനെക്കാളും എന്റെ ഡീപ്പ് സ്ലീപ്പ് സുഖം അധികം പറയാൻ പറ്റില്ല ഷേക്സ്പിയർ പറഞ്ഞു ചിലപ്പോൾ ഈ കവികൾ അറിയാതെ ജ്ഞാനികളുടെ മണ്ഡലത്തിലേക്ക് കയറിയിറങ്ങും അപ്പൊ ഷേക്സ്പിയർ ഒരു സ്ഥലത്ത് പറഞ്ഞു സ്ലീപ്പ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ലെവലർ എന്ന് പറഞ്ഞു എല്ലാരെയും സമ ആക്കണോ എന്നാണ് അവിടെ രാജാവില്ല ദരിദ്രൻ ഇല്ല വലിയ പണക്കാരൻ എ സി റൂമിൽ കിടന്നുറങ്ങണതിനും പിച്ചക്കാരൻ റോട്ടിൽ കിടന്നുറങ്ങണതിനും ഴിഞ്ഞാ വ്യത്യാസ ചിലരൊക്കെ കാണും ഞങ്ങൾ അരുണാചലത്തില് പ്രദക്ഷിണമോട്ടിൽ സുഖമായി ഉറങ്ങും ഭിക്ഷക്കാർ ബോംബെയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ട്രെയിനില് ഇലക്ട്രിക് ട്രെയിനിൽ നിന്നിട്ട് ഉറങ്ങും വീഴുന്നുല്ല ഇവിടെ എവിടെയൊക്കെ പാക്കഡാണ് വെൽ പാക്ക്ഡ് അനങ്ങാൻ പറ്റില്ല നിന്നുകൊണ്ട് ഉറ ഉറങ്ങിക്കഴിഞ്ഞാൽ നിൽക്കണു കിടക്കണോ ഒന്നും അറിയില്ല ശരീരമേ അറിയില്ല മനസ്സറിയില്ല അല്ലേ ഉറങ്ങിയാൽ അപ്പൊ ജ്ഞാനം വരുവോ എന്ന് ചോദിക്കരുത് ജ്ഞാനം വരില്ല ഉറക്കത്തിനെ അനുസന്ധാനം ചെയ്താൽ മനനം ചെയ്താൽ ജ്ഞാനം വരും എന്നാണ് വേദാന്തം പറയുന്നത് ആ സ്റ്റേറ്റിനെ നിങ്ങൾ വീണ്ടും വീണ്ടും വീണ്ടും അനുസന്ധാനം ചെയ്താൽ എ സ്റ്റേറ്റ് വിച്ച് ഈസ് ബോഡി ശരീരമില്ലാത്ത മനസ്സില്ലാത്ത പ്രപഞ്ചമില്ലാത്ത ഞാൻ എന്ന തോന്നലില്ലാത്ത ഒരു സ്ഥിതി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മളുടെ അനുഭവത്തിലുണ്ട് അതുമാത്രമല്ല ആ സ്ഥിതിയിൽ ഒരിക്കലും ദുഃഖമില്ല എന്ന് നമ്മളുടെ അനുഭവം വെച്ചുകൊണ്ട് ശങ്കരാചാര്യരുടെ അനുഭവം വെച്ചുകൊണ്ടല്ല നമ്മളുടെ ഡെയിലി എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്കറിയാം അല്ലേ നോർത്തു നോക്ക ഹെഡ് ഓഫീസൊക്കെ പ്രവർത്തിക്കട്ടെ ാലോചിച്ച് നോക്കിയാൽ അറിയാം ആത്മാ ആത്മാവിന്റെ സുഖം എന്ന് പറയണത് നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കണുണ്ട് എന്നുള്ളതിന് ഡെയിലി ക്ലൂ ആണ് ഈ സ്ഥിതി ദിനം പ്രതി അന്തർയാമി നമ്മളോട് പറയണുണ്ട് തത്വമസിമേവാഹം എന്ന് ദിവസം പറയുന്നുണ്ട് നമ്മൾ കേൾക്കണേയില്ല അന്തര്യാമി ദിവസം നമ്മളുടെ ശരീരത്തിനെ തൻ്റെ ഉള്ളിലേക്കെടുത്ത് മനസ്സിനെ എടുത്ത് ലോകത്തിനെ മറച്ച് ഞാൻ എന്ന് പറയുന്ന അഭിമാനത്തിനെയും മറച്ച് ഞാൻ അന്തര്യാമി വേറെയും ഈ ഞാൻ വേറെയും ഇല്ലാതെ ഞാൻ ഈശ്വരൻ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണത് സംശയമുണ്ടെങ്കിൽ വിചാരിച്ചു നോക്കിയപ്പോൾ ഞാൻ ഈശ്വരനിൽ നിന്ന് അന്യമായിട്ടില്ലാതെ യത്ര കമം കാമയേ കശ്യുഷുപ്തം സുഷുപ്തസ്ത ഏകീഭൂത പ്രജ്ഞാനഘനയേ ഹ്യാന്ദമയോ ആനന്ദ ബുഃ് ചേോമുഖ സർവ്വര അന്തരീക്ഷമി എനി എന്നൊക്കെയാണ് ശ്രുതി ഉപനിഷത്ത് പറയുന്നത് അന്തര്യാമിഹി ഈശ്വരഹ യോനിഹി സർവസ് പ്രഭവ ഹർവസ് എല്ലാം ഉദിച്ചും അസ്തമിക്കണത് ഒക്കെ അവിടെയാണ് അത് ഉള്ളിൽ ഉള്ളത് നമ്മൾ ജീവിച്ചു പോണത് എന്ത് പ്രശ്നം വന്നാലും ഒന്ന് ഉറങ്ങിയാൽ ശരിയാവും വളരെ വിഷമം വന്നാൽ ഒന്ന് പോയി കിടന്നുറങ്ങി പോകുന്നു കുറച്ചു നേരത്തേക്ക് ദേഹമും ലോകമും ഞാനും നീയുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിട്ട് വന്നാൽ ശരിയാവും അപ്പോ ആ ഡീപ് സ്ലീപ്പ് വേക്കിംഗ് സ്റ്റേറ്റിൽ കൊണ്ടുവരാൻ പറ്റുവോ പറ്റും എങ്ങനെ ഡീപ്പ് സ്ലീപ്പിൽ ചിത്തവൃത്തികൾ ഉദിക്കാതെ ഇരുന്നോ ചിത്തവൃത്തികളൊക്കെ ഹൃദയത്തിൽ അടങ്ങിയോ അതുപോലെ ജാഗ്രത ചിത്തവൃത്തികൾ അടങ്ങിക്കഴിഞ്ഞാൽ അതേ സുഖം നമുക്ക് വിട കിട്ടു നിശ്ചലതത്വേ ജീവൻ മുക്തിസ് എല്ലാ തോട്ട്സ് ചിത്തവൃത്തികള് വിചാരങ്ങള് അതിനൊക്കെ മൂലമായിട്ടുള്ള വിചാരമാണ് ഞാൻ എന്ന് പറയണ വിചാരം ഞാൻ എന്നുള്ള വിചാരത്തിന്റെ ചലനം തൊട്ട് തുടങ്ങിയാണ് ബാക്കിയെല്ലാം എങ്ങനെ ഇയാമ്പാറ്റ പോലെ പുറത്തേക്ക് വരണത് ഇയാമ്പാറ്റ മഴ പെയ്യുമ്പോൾ വരണ പോലെ വരണത് അതിനു മൂലമായിട്ടുള്ള വൃത്തി ഞാൻ എന്നുള്ളതിന്റെ ചലനം ഇളക്കമാണ് ആ ഇണക്കത്തിന് അതെവിടെ ഉദിക്കണോ ആ വിചാരം എന്താണ് എന്ന് ആരായുമ്പോൾ ചിത്രവൃത്തികളൊക്കെ അടങ്ങും അഥവാ നാമം ജപിക്കുകയോ മനസ്സിനെ ഏതെങ്കിലും രൂപത്തിൽ നിർത്തുകയോ അനേകം വിചാരങ്ങളായിട്ട് മനസ്സിങ്ങനെ വിരിയന്തോറും നമ്മൾ ക്ഷീണിച്ചു പോവും സുഷുപ്തിയുടെ മഹിമ ഞാനിപ്പോ പറഞ്ഞു അല്ലേ സുഷുപ്തി നമുക്കൊരു ക്ലൂ തരണു നമ്മളുടെ സ്റ്റേറ്റിനെ പക്ഷെ ഉറങ്ങിയാൽ ഞാൻ എന്ന് മാത്രല്ല ഉറങ്ങും തോറും മൗഢ്യം വരും ക്ഷീണം വരും ജ്ഞാനികൾക്ക് ഉറക്കത്തിന്റെ ആവശ്യമില്ല അത് വേറെ ഒരു സൈഡ് ജ്ഞാനികൾക്ക് ഉറക്കം വേണമെന്ന് നിർബന്ധമില്ല ശരീരത്തിന് ക്ഷീണിച്ചാൽ ഉറങ്ങുമെന്നല്ലാതെ ചിത്തത്തിന്റെ ഒരു മെന്റൽ നീഡില്ല ഉറക്കത്തിന്റെ സൈക്കോളോജിക്കൽ നീഡ് ഇല്ല ഉറക്കത്തിൻ്റെ ശരീരത്തിന് ക്ഷീണം തീരാനായിട്ട് ഉറങ്ങുക അത് ശരീരത്തിന്റെ പ്രകൃതി ചിത്തവൃത്തികൾ അടങ്ങി നിശ്ചലമായാൽ ആ റെസ്റ്റ്ഫുൾനെസ് തന്നെ ഉറക്കമാണ് മറ്റേത് മനസ്സിന് രണ്ടു കാര്യമേ അറിയുള്ളൂ ഒന്നിൽ ചിന്തിക്കും ചിന്തിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും സത്സംഗത്തിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾ അങ്ങനെയാണ് ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കും ഒന്നും മനസ്സിലാവണില്ലെങ്കിൽ അത്ര തന്നെ എന്താന്ന് വെച്ച ഒന്നിൽ മനസ്സിലാവണം അല്ലെങ്കിൽ ഉറങ്ങണം മനസ്സിന് രണ്ടു കാര്യമേ അറിയുള്ളൂ ഐദർ തിങ്ക് ഓർ സ്ലിപ്പ് യോഗം എന്ന് പറഞ്ഞാൽ എന്താ യു നെയ്തർ തിങ്ക് നോട്ട് ഡു യു സ്ലീപ് ചിന്തിക്കുന്നുമില്ല ലയിക്കുന്നുമില്ല അലേർട്ടായിട്ടിരിക്കുന്നു വിജിലൻ്റ് ആയിട്ടിരിക്കുന്നു ജാഗ്രത സുഷുപ്തി പോലെ വൃത്തികളില്ല നിശ്ചലം അപ്പോ അവിടെ ആത്മാ സ്വയം പ്രകാശമായി സൂര്യതുല്യം ഹൃദയത്തില് പ്രകാശിക്കണം എന്ന് വെച്ചാൽ താനേ താനായി തന്നെ അറിഞ്ഞുകൊണ്ട് അറിവേ വടിവമെടുത്ത് നിൽക്കുന്നു അത് ഉപാധിയുടെ ഒരു ദോഷമും സ്പർശിക്കാതെ നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപം ഹൃദികലയത്തി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധ നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപം നിരവധി അവധിയില്ലാതെ പരിധിയില്ലാതെ ആകാശം പോലെ ആകാശാഭം ഗഗനാഭം ആയിട്ട് നിഷ്കലം ഒരു കലകളും അതിൽ പാർട്ടൊന്നുമില്ല നിർവികൽപ്പം ഹൃദികളയപൂർണ്ണം സമാധോ അങ്ങനെ ഒരു സുഖം പരിധിയില്ലാത്ത ഒരു സുഖം ആ സുഖത്തിന് പുറത്ത് നിന്നൊരു സാമഗ്രി ഒന്നും വേണ്ട സുഖമായിട്ടിരിക്കാൻ ഇത് വേണം അത് വേണം ഒന്നുമില്ല സുഖം ആത്മാവിന്റെ സ്വരൂപമാണ് സുഖം നിങ്ങളുടെ സ്വരൂപമാണ് നിങ്ങൾ തന്നെ സുഖമാണ് പിന്നെ എന്തിനാ ഈ പിച്ചതെന്താ പിച്ചതുന്നത് സുഖം നിങ്ങളുടെ സ്വരൂപമാണ് നിങ്ങള് സുഖസ്വരൂപമാണ് ആനന്ദം സച്ചിതാനന്ദം എന്ന് പറയുമ്പോ സത്ത് എന്ന് പറഞ്ഞ ഇരിപ്പ് നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്ന് പറയുന്ന അനുഭവം ഉണ്ടല്ലോ കോൺഷ്യസ്നെസ് അതിന്റെ പേരാണ് സച്ചിതാനന്ദം ലൈറ്റൊക്കെ ഓഫ് ചെയ്താൽ നമുക്ക് നല്ലവണ്ണം അറിയണ ഒരു കാര്യ ഞാനുണ്ട് എന്നറിയും അതാണ് സത്ത് അതറിയണു അതിനെ ചിത്ത് സുഖം അതിലുണ്ട് സുഖം ഞാൻ എന്നിലാണ് സുഖം എന്നറിയുമ്പോൾ ആനന്ദം നിർവിശേഷമായ ആനന്ദം എനിക്ക് സുഖമായിട്ടിരിക്കാൻ ഒരു സാമഗ്രി വേണ്ട ഞാൻ മാത്രം മതി ഒരു ഉപായവും വേണ്ട എന്തെങ്കിലും ചെയ്തിട്ട് സുഖം വേണ്ട എന്തെങ്കിലും കിട്ടിയിട്ട് സുഖം വേണ്ട പുറത്ത് അന്യ സാമഗ്രികളൊന്നുമില്ലാതെ സുഖം ആത്മാവിന്റെ സ്വരൂപമായിട്ട് ഇരിക്കുമ്പോൾ അതിന് സമാധി എന്ന് പേര് ഈ സമാധി എങ്ങനെ വരും ഭഗവാൻ പറഞ്ഞു ഈ സമാധി നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ നേടിയെടുക്കണം അത് ഒരു കോൺട്രാസ്റ്റ് ആണ് അതായത് സാധാരണ പറയും നേടിയെടുക്കാൻ ഒന്നുമില്ല നേടിയെടുക്കേണ്ടതും അല്ല പക്ഷെ ഇവിടെ ഭഗവാൻ പറഞ്ഞു അഭ്യാസാദരമത്തെ അത്ര നോക്കൂ സുഖം ആത്മാവിന്റെ സ്വരൂപമാണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് സുഷുപ്തിയിലെ ഈശ്വരൻ ഈശ്വരന്റെ ഡിപ്പാർട്ട്മെന്റ് ഫ്രീ ആണ് അതിലൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ദിവസം ഒരേപോലെ ഡീപ്പ് സ്ലീപ്പ് കിട്ടും ഭഗവാൻ നല്ല ആൾക്കും കൊടുക്കും കൊള്ളക്കാരനും കൊടുക്കും ഹിറ്റ്ലറിനും ശങ്കരാചാര്യർക്കും ഒരേപോലെ സുഖം കൊടുക്കും മാതാ അമാതാ ഭവതി പിതാ അപിതാ ഭവതി ഭ്രൂണോ ഭ്രൂണ അഭ്രൂണ ഭവതി സ്തേന അസ്തേനോ ഭവീ രാജാ അരാജവതി ഉപനിഷത്ത് പറയണു ആ സുഷുപ്തിയിലുള്ള സുഖം ഇത് രാജാവിന് മാത്രമേ ഉള്ളൂ ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ സന്യാസിക്ക് മാത്രമേ ഉള്ളൂ നല്ല ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല കൊള്ളക്കാരനാണെങ്കിൽ ഉറങ്ങിയ സുഖമാണ് അതെന്താന്ന് വെച്ചാൽ ഈശ്വരന്റെ സമത്വമാണ് സമൂഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി നപ്രിയ ഭഗവാൻ പറഞ്ഞു ഗീതയില് ഞാൻ എല്ലാവർക്കും സമാനം എല്ലാവർക്കും ഒരേ കുറേ സുഖം കൊടുക്കും എനിക്ക് ഒരാളും സ്പെഷ്യൽ ഇല്ല പക്ഷേ അത് എന്റെ ഡിപ്പാർട്ട്മെന്റ് മഴ പെയ്യുമ്പോ ഒരു നല്ല ആളുടെ വീട്ടിൻ്റെ മേലെ മാത്രം ഒന്നും മഴ പെയ്യില്ലല്ലോ സൂര്യ വെളിച്ചം വീശുമ്പോ നല്ല ആളുടെ വീട്ടിലേക്ക് മാത്രം കുളിർമയായിട്ട് സൂര്യ വെളിച്ചം അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാവർക്കും പ്രകൃതിയില് ഭഗവാൻ കൊടുക്കണത്തിന് ഒരു വിധത്തിലും വേറെ വേറെ ഇല്ല പക്ഷേ ഭജന്തി മാം ഭക്തി ഒരു സ്പെഷ്യാലിറ്റി ഭഗവാൻ പറഞ്ഞു നിന്റെ ഉള്ളിൽ ഒരു പരിശ്രമം ചെയ്യാനുള്ള ഒരു പവർ തന്നിട്ടുണ്ട് എഫർട്ട് ആ എഫർട്ട് എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ആ എനർജി ഐദർ യു വിൽ സ്പെൻഡ് ഇറ്റ് ഇൻ ദ വേൾഡ് ആർ ഇൻ ദ ഹാർട്ട് രണ്ട് സ്ഥലമേ ഉള്ളൂ അതിന് ആ എനർജിയെ ലോകത്തിലേക്ക് ഉപയോഗിച്ചാൽ അവിടെ പെട്ടുപോകും അതിനെ ആത്മാവിനെ പ്രാപിക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് ഉപയോഗിച്ചാൽ അത് ഉള്ളിൽ സക്കഡാവും ഇല്ലെങ്കിൽ ആ എനർജി തന്നെയാണ് സംസാരം എന്ന് പറയുന്നത് അതും വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഈ പരിശ്രമിക്കുക എന്നുള്ള ഒരു ഊർജ്ജ ശക്തി ഉണ്ടല്ലോ അത് വെറുതെ ഇരിക്കാൻ പറ്റുക ഒരാൾ ചോദിച്ചു രമണ മഹർഷിയോട് സിദ്ധന്മാരൊക്കെ പറയണു ചുമ്മാ ഇരിക്കൂ എന്ന് പറയണു ഞാൻ ഇരിക്കട്ടെ ചോദിച്ചു ഇരുന്നാ മതിയോ എന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു ഇരുന്ത് പാരു അത്രേയുള്ളൂ ഉത്തരം എന്താന്ന് വെച്ചാൽ ഈ എനർജി ഉള്ളത്തോളം കാലം ഇരിക്കാൻ സമ്മതിക്കില്ല ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ ഊർജത്തിനെ ഹോമം ചെയ്ത് അവസാനിപ്പിക്കണം എവിടെ ഹോമം ചെയ്യണമെന്നുള്ളതാണോ ക്വസ്റ്റ്യൻ ആ ഊർജത്തിനെ അതുകൊണ്ട് ആത്മവിചാരം കൊണ്ട് ആത്മധ്യാനം കൊണ്ട് ഹൃദയത്തില് ഹോമിക്കുന്നു അല്ല വിഷയ കൊണ്ട് വിഷയ കൊണ്ട് പുറത്ത് ഹോമിക്കണോ ഈ ചോദ്യമേ ഉള്ളൂ പുറത്തു ഹോമിച്ചാൽ സംസാരം ഹൃദയത്തില് ഹോമിച്ചാൽ സന്യാസം സന്യാസം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം സാക്ഷാത്കാരം ഇത് എവിടേക്കാണ് തിരിച്ചുവിടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോ ഉള്ളിലേക്ക് തിരിച്ചുവിടുക എന്ന് പറയണതോ അയ്യോ അത് ഭയങ്കര വിഷമം ഇത് ഈസി പുറത്തേക്ക് പോണത് എത്രയോ ജന്മങ്ങളായി നമുക്ക് പഴകി പഴകി പോയതാണ് മുമ്പിൽ കണ്ണുകൊണ്ട് കാണുന്നതൊരു സുഖം ചെവി കൊണ്ട് കേൾക്കുന്നതൊരു സുഖം മൂക്ക് കൊണ്ട് മണക്കുന്നതൊരു സുഖം നാവിൽ രുചിക്കണത് ഒരു സുഖം ഇതൊക്കെ വിട്ടിട്ട് ചെന്തായി മരത്തിന്റെ ചോട്ടിൽ പോയിട്ട് കണ്ണു ഇന്ദ്രിയ നിഗ്രഹം ചെയ്യൂ ധർമ്മത്തിലിരിക്കൂ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിടിച്ചു തോന്നുന്നു അതാണ് അഗ്രേ വിഷമിപ് എന്ന് പറഞ്ഞു ഈ ധർമ്മം എന്ന് പറയണത് അഗ്രേ വിഷമിവ് അതാണ് നമ്മുടെ ആളുകളൊക്കെ നമ്മുടെ ആളുകളൊക്കെ നോക്കും എത്ര സുഖം എത്ര വിഷമിക്കണോ ആ വെള്ളക്കാരെ നോക്കൂ എങ്ങനെ വേണമെങ്കിൽ നടക്കാം അല്ലേ അവർക്ക് തോന്നിയ പോലെ നടക്കാം അവർക്ക് ഒരു അവർക്ക് കുടുംബമില്ല ഇപ്പൊ കല്യാണം പോലും വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ അടുത്തുനിന്ന് പഠിക്കുകയാണ് നമ്മുടെ ആളുകൾ എന്തോ ആടുമാടുപോലെ കന്നിമാസത്തില് നായ് പോലെ നടക്കാം ഒന്നും വേണ്ടെന്നാണ് അവരുടെ ജീവിതം എങ്ങനെയാണ് അതുപോലെ നമുക്കും ജീവിച്ചാ മതി എന്താണെന്ന് വെച്ചാ അത് കാണുമ്പോ അത്ര സുഖമാണ് എത്ര ഫ്രീ അവര് അമൃത്വോപമം ആദ്യം കാണുമ്പോ തന്നെ വളരെ ടേസ്റ്റി വളരെ ഫാസിനേറ്റിംഗ് അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ അവർക്ക് ജനിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒറ്റ പഴയ കാലത്തിൽ യാഗം ചെയ്ത് സ്വർഗത്തിൽ പോണെന്ന് പറയുന്ന പോലെ ഇവിടെ ഒന്ന് പഠിക്കുക മരിക്കപ്പോണം എന്താന്ന് വെച്ച അവിടെ പോയാൽ ആരും ചീത്ത പറയാനുണ്ടാവില്ല അച്ഛനുണ്ടാവില്ല അമ്മ ഒരു കൺട്രോൾ ഉണ്ടാവില്ല എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം തോന്നിയ പോലെ ജീവിക്കാം അല്ലേ അപ്പോ അത് അമൃതോപമം തോന്നും പക്ഷെ കുറെ കഴിയുമ്പോൾ മനസ്സിലാവും പരിണാമേ വിഷമിവ ഭഗവാൻ ഇനി പറയുന്നു വിഷം പോലെ തോന്നും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് റിസൾട്ട് വന്ന് കഴിയുമ്പോൾ വിഷയേന്ദ്രിയ സംയോഗം ശ്ലോകം വായിച്ചിട്ട് പറയാം